നിങ്ങൾ അവരോട് ചോദിച്ചാൽ ഞങ്ങൾ വെറുതെ സംസാരിക്കുകയും കളിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് അവർ തീർച്ചയായും പറയും പറയുക അള്ളാഹു സുബ്ഹാനഹുവലായെയും അവൻറെ ദൃഷ്ടാന്തങ്ങളെയും അവൻറെ ദൂതനെയുമായിരുന്നോ നിങ്ങൾ പരിഹസിച്ചത്